തന്റെ രക്ഷിതാവിന് ഭയപ്പെട്ടവർ സംഘങ്ങളായി സ്വർഗ്ഗത്തിലേക്ക് ഓടിക്കപ്പെടും അവർ അവിടെ എത്തുമ്പോൾ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അവിടത്തെ കാവൽക്കാർ അവരോട് പറയും നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അതിനാൽ നിങ്ങൾ അവിടെ ശാശ്വതമായി പ്രവേശിക്കുവിൻ